പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുസുബഹാനഹുവ തയാലാവിന്റെ നാമത്തിൽ വിശ്വാസികളെ നിങ്ങൾ കരാറുകൾ പാലിക്കുക നിങ്ങൾക്ക് കന്നുകാലികൾ അനുവദനീയമാക്കിയിരിക്കുന്നു എന്നാൽ നിങ്ങൾക്ക് വായിച്ചു തരുന്നതൊഴികെ നിങ്ങൾ ഇഹ്റാമിലായിരിക്കെ വേട്ടയാടുന്നത് അനുവദനീയമാക്കരുത് അല്ലാഹുസുബഹാനഹുവ തയാല ഉദ്ദേശിക്കുന്നത് അവൻ വിധിക്കുന്നു